and no. look, പദാം വിദ്യസ്ത ശേഷധർമ്മ വസ്തുതാ പയാദോഹം യാമനെയും നമാമിതം അടുത്തു വരുന്നത് ഭാഷ്യമാണ് ഭാഷ്യത്തിൽ വരുന്ന ഈ ആദ്യ ഭാഗം അതിൽ ഇഷ്ടാദ്വൈത സമ്പ്രദായത്തിൽ പറയുന്നത് മഹാവാക്യം എന്നാണ് മഹാവാക്യം എന്നറിയപ്പെടും രാമാനുജാചാര്യൽ ഗദ്യത്രയം എന്ന് പറഞ്ഞ് മൂന്ന് ഗദ്യങ്ങൾ എഴുതിയിട്ടുണ്ട് ശരണാഗതി ഗദ്യം ആണത് പ്രധാനപ്പെട്ടത് അപ്പോൾ അതേപോ അതുപോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത് രണ്ടു വരേ രൂപത്തിൽ തന്നെ വൈകുണ്ഠഗദ്യം ശ്രീരംഗഗദ്യം അങ്ങനെ മൂന്നാണ് ഇതിനെല്ലാം ദേശീയ ആചാരൻ്റെ ഭാഷ്യമാണ് ഇതെല്ലാം ഒരേ രീതിയിൽ എഴുതിയിരിക്കുന്നത് ഇതെല്ലാം മഹാവാക്യങ്ങളാണ് ഈ അദ്വൈതിയോക്കും മഹാവാക്യമുണ്ട് അഹം ബ്രഹ്മാസ്മി ആക മൂന്നേ മൂന്ന് വാക്യം ഇതിനെങ്ങനെ മഹാവാക്യം എന്ന് പറയും മഹാവാക്യം എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി വലുതായിരിക്കണ്ടേ അതുകൊണ്ടായിരിക്കും രാമായുചാചാര്യൻ വലിയൊരു മഹാവാക്യം ഇപ്പോൾ ഇത് ഇതിൻ്റെ ഇത് ഇതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇത് അർത്ഥബോധത്തോടുകൂടി ഇതിൻ്റെ സ്വാധ്യായം അതാണ് അത് ധ്യാനമാണ് അസ്വാധ്യായം എന്ന് പറയുന്നത് ധ്യാനമാണ് ഉപാസനയാണ് ഉപാസനം അഞ്ച് തരത്തിൽ പറയും ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിൽ ഒന്ന് അഭിഗമനം സാറിന് എല്ലാ വൈഷ്ണവ ഭക്തന്മാരും അനുഷ്ഠിക്കേണ്ട ഒന്നാണ് നമ്മൾ മലയാളത്തിലെ അടിച്ചു തെളി എന്ന് പറയും എന്ന് പറഞ്ഞാൽ ക്ഷേത്രം പരിസരമൊക്കെ വൃത്തിയാക്കുക അത്രയേ ഉള്ളൂ പക്ഷേ അതെല്ലാവരും ചെയ്തിരിക്കണം അമ്പലത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ചു പോകുന്ന പോലെ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് വരും ഇതാണ് ഒന്ന് ഉപാസം രണ്ടാമത്തെ ഉപാധാനം പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള പുഷ്പം ദ്രവ്യങ്ങൾ ഫലങ്ങൾ ഇതൊക്കെ സംഭരിക്കുക അതും ഭക്തന്മാരുടെ ജോലിയാണ് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടേക്ക് ആവശ്യമുള്ള പുഷ്പമെല്ലാം കൊടുക്കും അല്ലെങ്കിൽ കൊണ്ട് അവിടെ എത്തിക്കണം അതുപോലെ മൂന്നാമത് വരുന്ന എല്ലാവരും സ്വയം പൂജ ചെയ്യണം ഭഗവാന്റെ ദിവ്യമംഗളരൂപം അത് ശരിക്കും ഇരിക്കുന്ന വൈകുണ്ഠത്തിലാണ് പക്ഷേ ഇവിടെ അത് അർച്ചാരൂപത്തിൽ ഇരിപ്പുണ്ട് അത് എന്താണ് ശ്രീമന്ത് നാരായണൻ അഞ്ച് രൂപത്തിൽ ഇരിപ്പുണ്ട് അതിലൊന്നാണ് അർച്ച പ്രതിമ ആ പ്രതിമാദികളിൽ മാനസ പൂജ അതർച്ച പിന്നെ വരുന്നതാണ് സ്വാധ്യായം അവിടെയാണ് ഇത് വരുന്നത് ഈ പറയുന്ന നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗം വരുന്ന സ്വാധ്യായവും സ്വാധ്യായം എന്ന് പറയുമ്പോൾ മന്ത്രം പിന്നെ ഈ പറയുന്ന വൈഷ്ണവശാസ്ത്രം ഇതെല്ലാം അർത്ഥബോധത്തോടുകൂടി വായിക്കുകയോ അല്ലെങ്കിൽ കീർത്തനാണെങ്കിൽ കീർത്തനമാണെങ്കിൽ ചൊല്ലുകയോ മന്ത്രമാണെങ്കിൽ ജപിക്കുകയോ അപ്പോൾ ഇതെന്ത് ചെയ്യുമ്പോഴും ഇത് നിർബന്ധമാണ് അർത്ഥബോധത്തോടുകൂടി ചെയ്യണം വെറുതെ എന്തെങ്കിലും നമുക്ക് അർത്ഥബോധമില്ലെങ്കിലും ഭക്തി മതി എന്ന് പറയും അത് അർത്ഥബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയല്ല അർത്ഥബോധത്തോടുകൂടി വേണമെന്നാണ് ഈ അർത്ഥബോധത്തോടുകൂടി ചെയ്തില്ലെങ്കിൽ വരുന്ന തകരാർ എന്തെന്ന് വെച്ച് മനസ്സ് കേവല ശബ്ദത്തിൽ ഒരു ലയം വരും കാരണം നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അർത്ഥബോധമില്ലെങ്കിലും മനസ്സിനൊരു ലയം ഭജനയൊക്കെ കേൾക്കും അത് ശബ്ദത്തിൽ വരുന്ന ലയമാണ് പക്ഷേ ഇവിടെ അതുകൊണ്ട് കാര്യം ഇവിടെ മനസ്സെന്ന് പറയുന്ന ദിവ്യ മംഗള രൂപത്തിൽ ലയിക്കണമെങ്കിൽ എന്ത് വേണം അർത്ഥബോധം വേണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് സാധാരണ ഇവർ ചൊല്ലുന്ന പ്രധാനപ്പെട്ട മൂന്ന് മന്ത്രങ്ങൾ വ്യാപക മന്ത്രങ്ങളെന്നാണ് പറയുന്നത് എന്താ കാരണം ഈ മന്ത്രം ചൊല്ലുന്നയാൾ ഭഗവാന്റെ വ്യാപ്തിയെ ഗ്രഹിക്കണം ഗ്രഹിച്ചു കൊണ്ടുവണമെന്ന് മന്ത്രം ചൊല്ല കേട്ടുള്ള മന്ത്രങ്ങളാണ് നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാത് ഇതിനെന്താ പേര് പറയുന്നു വിഷ്ണു ഗായത്രി അപ്പോൾ ഇതിന് ഇതിൽ മൂന്ന് മന്ത്രങ്ങൾ വരുന്നുണ്ട് അതാണ് വ്യാപക മന്ത്രങ്ങൾ അവ്യാപക മന്ത്രങ്ങളുണ്ട് അപ്പൊ കേവലം രാമ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവ്യാപക മന്ത്രങ്ങളാണ് എന്തുകൊണ്ട് അത് ഈ അവതാരത്തിൽ അവതാര ലീലയിൽ വന്നപ്പോൾ കിട്ടിയ പേരുകളാണ് ഇതങ്ങനെയല്ല ഈ മൂന്ന് മന്ത്രങ്ങളോടും ഓമും നവവും ചേർത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഷടക്ഷരി ദ്വാദശാക്ഷരി അഷ്ടാക്ഷരി ആദ്യത്തെ അഷ്ടാക്ഷരി രണ്ടാമത് വരുന്നത് ദ്വാദശാക്ഷരി അവസാനം വരുന്നത് ഷടക്ഷരി ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും ഒരുപാട് വിശദീകരണങ്ങളുമൊക്കെയുണ്ട് അതും വ്യത്യാസമുണ്ട് പിള്ളേ ലോകനാഥാചാര്യൻ്റെ പരമ്പരയിൽ വ്യാഖ്യാനം വേറെ ദേശീയ ആചാര്യൻ്റെ രീതിയിൽ വരുന്നതിൽ വേറെ വ്യാഖ്യാനം കൊണ്ട് ഇതൊക്കെ വായിച്ച് തലവേദന ഒന്ന് ഞാൻ മടക്കിവെച്ച് അതുകൊണ്ട് കൂടുതലൊന്നും എന്നോട് ചോദിക്കുക അപ്പോൾ ഇവിടെയൊക്കെ പറയുന്ന എന്താണ് വ്യാപക മന്ത്രം എന്ന് പറയാൻ തന്നെ കാരണം വ്യാപ്തിയെ അറിഞ്ഞുകൊണ്ട് മന്ത്രം ചെല്ലുന്നു വ്യാപ്തിയെ ധ്യാനിച്ചുകൊണ്ട് കാരണം ഈശ്വരൻ വ്യാപകനാണ് വിഭുവാണ് അപ്പോൾ വിഭുത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥബോധത്തോടുകൂടി ചൊല്ലുക അല്ല പാട്ടിൽ മുഴുകിപ്പോ അങ്ങനെ പാട്ടിൽ മുഴുകാനാണെങ്കിൽ നമുക്ക് സിനിമാ പാട്ട് കറിയല്ലോ മനസ്സിന് നല്ല ലയം വരുമല്ലോ നല്ല പാട്ടുകൾ യേശുദാസിൻ്റെയൊക്കെ പാട്ട് കേട്ട നല്ല ലയം വരുന്ന പാട്ടുകളുണ്ട് അതുകൊണ്ട് കാര്യമുണ്ട് അപ്പോൾ ഇവിടെ പറയുന്ന ഈ മഹാവാക്യവും ഗദ്യത്രയും എല്ലാം ആചാര്യൻ എഴുതിയത് ഇത് അർത്ഥബോധത്തോടുകൂടി പാരായണം ചെയ്യുന്നതിനും ആ പാരായണം കൊണ്ട് തന്നെ പാരായണം ചെയ്യുന്ന ആളൊരു മനസ്സിന് ലയമുണ്ടാവും പക്ഷേ അർത്ഥബോധം കൂടെ വേണം ശബ്ദത്തിൽ ലയിച്ചപ്പോൾ ശബ്ദത്തിൻ്റെ ലോകം വേറെയാണ് അർത്ഥത്തിൻ്റെ ലോകം വേറെയാണ് അപ്പോൾ ഇത് നേരത്തെ വായിച്ചിട്ടുള്ളവർക്ക് പ്രശ്നമില്ല ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ കൂടെ വായിച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് തവണ അമ്മ ശരിയായിപ്പോകും ഒറ്റയടിക്ക് ശരിയാകുമെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഭാഷയുള്ളതുകൊണ്ടൊരു പ്രശ്നമില്ല ദേശീയ ആചാര്യൻ്റെ വ്യാഖ്യാനം ഉള്ളതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കാൻ പാടൊന്നുമില്ല പിന്നെ വായിക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയൊന്നുമില്ല ആദ്യം വായിക്കുന്നവര് പുസ്തകമുണ്ടെങ്കിൽ കൂടെ വായിച്ചോ കേട്ടില്ല വ്യാപക മന്ത്രങ്ങൾ അത് പറഞ്ഞത് അർത്ഥബോധത്തോടുകൂടി എന്തുകൊണ്ട് വ്യാപക മന്ത്രം എന്ന് പറയുന്നു മന്ത്രങ്ങൾ വ്യാപകങ്ങളെന്ന് പറയുന്നു കാരണം ഭഗവാൻ്റെ വിഹത്വത്തെ ധ്യാനിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ജപിക്കണമെന്നാണ് ഞാൻ ഇവിടെ പറയുന്ന ഈ പറഞ്ഞല്ലോ എന്താണ് സ്വാധ്യായം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് സ്വാധ്യായം എന്ന് പറയുന്നത് എപ്പോഴും അർത്ഥബോധത്തോടുകൂടി ചെയ്യും പിന്നെ വരുന്ന യോഗം അത് പ്രത്യേകമാണ് അതിലവസാനം എന്ന് വരുന്നുണ്ട് യോഗം യോഗം എന്ന് പറയുന്നത് ധ്യാനിക്കുക ആ അത് ഈ പറയുന്ന ഭക്തിയിൽ ഭക്തിയിൽ വരുന്ന യോഗം ഭക്തി എന്ന യോഗം നമ്മുടെ ഉപാസന ഭക്തി അത് തന്നെ വൈദിക ഉപാസന അതും അത് മുഖ്യമാണ് അല്ലെങ്കിൽ പ്രപത്തി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ അർത്ഥബോധത്തോടുകൂടി വേണം മന്ത്രങ്ങൾ ജപിക്കാൻ പ്രാർത്ഥന ചെന്നാൽ സ്തുതിക്കാൻ കീർത്തനങ്ങൾ ചെന്നാൽ ഗ്രന്ഥം പാരായണം ചെയ്യുന്നത് എല്ലാത്തിനും അപ്പൊ അതിൻ്റെ പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്ന ഉദാഹരണമാണ് വ്യാപക ഉദാഹരണം എന്തുകൊണ്ട് വ്യാപക മന്ത്രങ്ങളായി ഇതും സ്വാധ്യായമാണ് മഹാവാക്യം സ്വാധ്യായവും എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ അദ്വൈതത്തിലൊക്കെ പിടിച്ച മഹാവാക്യത്തിൻ്റെ നേര് വിപരീതമാണ് എല്ലാ രീതിയിലും ആകാരം കൊണ്ടും അർത്ഥം കൊണ്ടും അത് മൂന്ന് വാക്കാണെങ്കിൽ ഇതെത്ര വാക്കുണ്ടൊന്ന് എണ്ണി പോകണം ഞാൻ എണ്ണി ഓകിയിട്ടില്ല അർത്ഥമാണെങ്കിലോ ഇതിൽ പറ ഇത് ഈ തന്നെ ഈ വിശിഷ്ട അദ്വൈതത്തിൻ്റെ സിദ്ധാന്തങ്ങളെല്ലാം വരും അതെല്ലാം അദ്വൈതത്തെ നിഷേധിച്ചുകൊണ്ടാണ് കാരണം ആദ്യമൊന്നും അദ്വൈതമാണല്ലോ അതിനെ നിഷേധിച്ചുകൊണ്ടാണ് ആ ഇത് സാറിന് പ്രിന്റ് ചെയ്തിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിന് ഉപോദ്ഘാത ഭാഷ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുക പക്ഷേ ഈ സമ്പ്രദായത്തിൽ ഇതിനെ പറയുന്നത് മഹാവാക്യം അങ്ങനെ അപ്പോൾ പുസ്തകമുള്ളവർ എന്നോടൊപ്പം വായിച്ചോളുക ഇത് ഈ പ്രസ്തവത്തിൽ ഒരിടത്ത് മാത്രം ഒരു ചെറിയ അച്ചടി പേശ കൊണ്ട് ഞാൻ വായിച്ചു നോക്കിയിട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം വേണമെന്നുള്ളത് എവിടെയോ ഒരു സ്ഥലത്ത് ചെറിയൊരു ബാക്കിയെല്ലാം കറക്റ്റാണ് ശ്രീയപതി നിഖില ഹേയപ്രത്യനീക കല്യാണീകത ശേതര സമസ്ത വസ്തുവിലണാനന്ദ ജ്ഞാനാനന്ദീകസ്വരൂപ ആരും വായിക്കുന്നുണ്ട് കണ്ടില്ല പേജുണ്ടല്ലോ എൻ്റെ കയ്യിലിരിക്കുന്ന വസ്തുണ്ടെങ്കിൽ മൂന്നാമത്തെ പേജ് ഭാമ്യത ഭാഷ്യം അതും പറയും ഇതുമായിട്ട് ബന്ധമില്ല ബഹാഷ്യ ശ്രീയപതി നിൽക്കുന്ന ഹേയ പ്രത്യനീക കല്യാണേക താന എല്ലാവരും കണ്ടെത്തിയോ പുസ്തകം പേജ് കണ്ടെത്തിയോ ശരി എന്നാ വീണ്ടും ഒരുങ്ങക്കൂടെ ശ്രീഹപതിഹി എൻ്റെ കൂടെയങ്ങ് വായിക്കണം ഞാൻ നിർത്തത്തില്ല ആ ഞാൻ പതുക്കെ വായിക്കുന്നു ഓരോ കാരണം ഇതിൻ്റെ ഇത് സന്ധി ചെയ്തിരിക്കുന്നതുകൊണ്ട് പിരിക്കാൻ പറ്റത്തില്ല അപ്പം വായിക്കാൻ പറ്റും പക്ഷേ ഇതിലൊരു വിരാമം വരുന്നിടത്ത് ഞാൻ നിർത്താം ആ ശ്രീഹതിഹി നിഖിലഹേയ പ്രീക കല്യാണേക താന അത് ചേർത്താഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഭരിക്കുന്നത് ശേദര സമസ്ത വസ്തുവിലക്ഷണാനന്ദേകസ്വരൂപ സ്വാഭാവികാനപതികാനബശ്വര്യ വീര്യശക്തി തേജപ്രവൃത്തി അസംഖ്യേയ കല്യാണ ഗുണഗണമഹോ കുഴപ്പമല്ല ശരിയായിക്കോളാം സ്വാഭിമതാനുരൂപേകരൂപ ചിന്തിയ ദിവ്യ അത്ഭുത നിത്യ നിരവധ്യ നിരജ്യ ഔജ്ജല്യ സൗന്ദര്യ സൗഗന്ധ്യസൗകുമാര്യലാവണയുവനാദ്യഗുണനിധി ദിവ്യൂപ ധൈര്യമായിട്ട് വായിക്കാം ഇതിന് തെറ്റു വന്നാലും ആരും തിരിച്ചറിയാൻ പോകുന്നത് നിങ്ങളതിനെ തേടിയില്ല ഒന്ന് രണ്ട് വർഷത്തൊക്കെ പെട്ടെന്ന് വിചാരിച്ച് ഇത് ആരറിയാൻ പോകുന്നു അറിയുന്നില്ല സൂചിത വിവിധ വിചിത്രാനന്ദശ്ചര്യ പരിമിത ദിവ്യഭൂഷണ സ്വാനുപങ്കേയാ ചിന്തിയശക്തിനിത്യനിരവധ നിർദ്ദിശയ കല്യാണ ദിവ്യയുധ സ്വാഭിമതാനുരൂപ നിത്യനിരവധിയസ്വരൂപൂപഗുണ വിഭവൈശ്വര്യലീലാദി അനവധിക ദിശയാ സംഖ്യയ കല്യാണ ഗുണഗണ ശ്രീ വല്ലഭൽപാൻ വിധായു സ്വരൂപ സ്ഥിതി പ്രവൃത്തി ഭേദ ശേഷ ശേഷ തീകരതിരൂപ നിത്യ നിരവധ്യ നിരതിശയ ജ്ഞാനക്രിയ ഐശ്വര്യാദ്യന്തപുണഗണ ഗുണഗണാപരിമിത സൂര്യഭിർ അനവരത അഭിഷ്ഠുത ചരണയുഗള ത്തിൽ നീളം കൂടിപ്പോയതുകൊണ്ട് ഞാൻ ഒരിക്കലും കൂടെ വായിക്കാം സ്വസങ്കൽപ്പാനുവിധായു സ്വരൂപ സ്ഥിതി പ്രവൃത്തി ഭേദ ശേഷ ശേഷ ഏകരതി രൂപ നിത്യനിരവധ്യ നിരതിശയജ്ഞാനക്രിയൈശ്വര്യാദ്യാനന്ത ഗുണഗണ അപരിമിത സൂര്യബി അനവരത അഭിഷ്ഠിത ചരണയുഗള രിചേദ്യസ്വരൂപസ്വഭാവം സോചിതവിധ വിചിത്രാനന്ദഭോഗ്യഭോഗോപകരണഭോഗസ്ഥന സമൃദ്ധ അനന്ദ ആശ്ചര്യ അനന്തഭവാനന്ദപരിമാണനിത്യനിരവധ്യ അക്ഷരപരമം വ്യോമനിലയ വിവിധവിചിത്ര അനന്ത്യഭോക്തൃവർഗപരിപൂർണനിഖിജയ വിഭവലയലീല പരം ബ്രഹ്മപുരുഷോത്തമോ നാരായണ ബ്രഹ്മാതിപരാന്തം അഖിളം ജഗസ്സൃഷ്വാ സേന രുപേണാവസ്ഥിതോ ബ്രഹ്മാതിഷ്യണം ധ്യ ആരാധനാധ്യഗോചര പാരകുണ്യ സംശീല്യാത്സല്യ ഔദാര്യ മഹോദി സ്വമേവം തത്ത് സജാതീയ സംസ്ഥാനം സസ്വഭാവം അജദേവു തേ തേ ലോകേഷ സ്ഥൈ സ്ഥൈരാരാധിത തത്തധിഷം ധർമാകാമോക്ഷാഖ്യം ഫലം പ്രയക്ഷൻ ഭൂഭാരാവതാരണാവശിനസ്മദാദീനവി സമാശ്രേണിയവതീര്യൂര്യാ സകലമനിജനയഷേധം ഗത അർത്ഥത്തിലെ നീളമുള്ളതാണ് ഇതും ശരിക്കും നമ്മൾ വായിച്ചതിനോടുകൂടി ചേരുന്നതാണ് ഭൂഭാര അവതാരണ അവദേശന അസ്മദാദീനാമതി സമാശ്രയണീയത്വായ അവതീര പൂർവ്യാം സകല മനുജ നയന വിഷേദാന്ത പരാമരനിഖിലജനമനോനയനഹാരി ദിവ്യചേിതാനി ക്രുവൻ പൂതനാശകടയമനാർജുനാരിഷ്ടപ്രലംഭതീനുകാലിയകേശി കുലയാ പീഡചാണൂര മുഷ്ടിക തോല തോസല കംസാദീൻ നിഹത്യ അനവധിക ദയാ സൗഹാർദ അനുരാഗർഭാവലോകന ആലാപാമൃതേരുവിശു അപ്യായൻ നിരതിശയസൗന്ദര്യസൗശീലുണ ആവിഷ്േണ അക്രുപുരം ആലാകാരാദീൻ പരമഭാഗവതാണ് യുദ്ധ പ്രോത്സാഹനം വ്യാജേന മനുപുരുഷാർത്ഥലക്ഷണമോക്ഷസാധനതയാ വേദാന്തോതി സ്വയം ജാനകർമാനുഗ്രഹീതം ഭക്തിയോഗം അവതാരമാസ ഈ പന്ത്രണ്ടാമത്തെ പേജിൽ പ്രിൻറ്റിങ് ചെറത്തൊന്നും തെളിഞ്ഞിട്ടില്ല അപ്പോൾ അത് ഞാനൊന്നുകൂടെ വായിക്കാം പുസ്തകത്തിൽ നോക്കി കറക്റ്റ് ചെയ്തു പൂതന ശകട യമല അർജുന അരിഷ്ട പ്രളംബ ധേനുകുടെ അടുത്തത് കാലിയ എന്നാണ് കേസി കുവലയാപീഠ മുഷ്ടിക എന്നാണ് ോസല കംസാദീൻ നിഹത്യ അവിടെ നിന്നും അക്ഷരം ക്ലിയറല്ല അനവധിക ദയാ സൗഹാർദ്ദ അനുരാഗഗർഭ എന്നാണ് രണ്ട് ഗായാണ് അനുരാഗർഭ അവലോകന കഴിഞ്ഞിട്ട് ആലാപ അമൃതൈഹി അവിടെ അമൃതൈ എന്നുള്ളത് വിട്ടുപോയിരിക്കും അമൃതയിൽ ആ വരെ വിട്ടുപോയിരിക്കണം അമൃതീർ എന്ന് വേണം അപ്പോൾ താഴുടെ മേളിൽ രണ്ടുപേരെ വന്നു വിശ്വം അഭ്യായൻ നിരദിശയ സൗന്ദര്യ അവിടെ സൗന്ദര്യ മേള് പോയിരിക്കുകയാണ് സൗശീല്യാദി സൗശീല്യാദിയാണ് ഗുണഗണാവിഷ്കാരേണ ആ വിക്തമല്ല ആവിഷ്കാരേണ അക്രൂര രാ ഇല്ല അവിടെ അക്രൂരമാലാകാരാധീൻ എന്നാണ് വായിക്കാൻ പ്രയാസമാണ് തെളിഞ്ഞിട്ടില്ല അക്രൂരമാലാകാരാധീൻ പരമ അവിടെ തെളിഞ്ഞിട്ടില്ല പരമ ഭാഗവതാൻ കൃത്വ ബാക്കിയോടൊപ്പമില്ല പാണ്ഡുതനയുദ്ധ പ്രോത്സാഹന വ്യാജ എന്നാണ് വ്യാ തെളിഞ്ഞിട്ടില്ല പരമപുരുഷാർത്ഥ ലക്ഷണ മോക്ഷസാധനത്ത വേദാന്തൂതിതം സ്വവിഷയം ജ്ഞാനകർമ്മ അനുഗ്രഹീതം ഭക്തിയോഗം അവതാരയാ മാസം അവിടെയൊക്കെ കയറാം ഈ പ്രിൻറ്റിങ് ഇത് ഫോട്ടോ സ്റ്റാൻറ്റ് ഫോട്ടോസ്റ്റാറ്റ് ബുക്കാക്കിയതാണ് അതുകൊണ്ട് അത് തന്നെ ഇത് തന്നെ ഫോട്ടോസ്റ്റാറ്റ് ഇത് ശരിക്കും പ്രിൻറ്റ് ചെയ്തതല്ല പഴയ കോപ്പി ഫോട്ടോസ്റ്റായിട്ടെടുത്ത് ആ ഇത് ടൈപ്പ് സെറ്റ് ചെയ്ത് അങ്ങനെ പ്രിൻ്റ് എടുത്താൽ അതുകൊണ്ട് ഇതിൻ്റെ വ്യാഖ്യാനം പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ വ്യക്തമാണ് മറ്റേ ബുക്കിനൊക്കെ അപ്പം ഇതാണോ മഹാവാക്യം അതേ നിങ്ങളുടെ തത്തുമസിയാണോ എന്ന് ഇനി പറയും ഏതാണ് മഹാവാക്യം മഹാവാക്യം എന്ന് പറഞ്ഞ പേരിൽ അതാണ് ഒരു യോഗ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഏകദേശം ഇതേപോലെയാണ് ശരണാഗതി ഗദ്യവും എഴുതിയിരിക്കുന്നത് വലിയ വ്യത്യാസമുണ്ട് പക്ഷേ അടുത്ത വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം ഈ പറയുന്ന സ്വാധ്യായം അർത്ഥബോധത്തോടുകൂടിയുള്ള ധ്യാനത്തിന് വേണ്ടി എഴുതിയിരിക്കുകയാണ് പിന്നെ വേറൊന്ന് നമ്മൾ ദൈവം ദൈവം പറയുന്നു ഇതാരാണെന്ന് അറിയണ്ടേ ഈ ദൈവ വിശ്വാസികൾക്കുള്ള എല്ലാവർക്കും പറ്റിയതാണ് കാരണം ഈ പേര് നാരായണനൊന്നും അത് ഇതു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ദൈവത്തിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്തൊക്കെയാണ് എന്തായിരിക്കണം എന്നൊക്കെയുള്ളതിൻ്റെ ഒരു രൂപനിധിയെന്ന് കിട്ടും അത് പല വിശേഷതകളുമുണ്ട് ആദ്യം തുടങ്ങുന്ന ശ്രീയഹപ്പതി ശ്രീലക്ഷ്മി പതിഹി ശ്രീമൻ നാരായണൻ അപ്പോൾ ഈ ശ്രീയിൽ തുടങ്ങാൻ എന്താ കാരണം അത് വ്യാഖ്യാതാവ് എന്ന് പറഞ്ഞിരിക്കുന്നു വിശേഷജ്ഞപ്തയെ ഭർത്തുർ അഭിഗമ്യത്വസിദ്ധയേ സമസ്ത മംഗളാവാപ്തീച്ച മംഗളാപ്തീച്ച പ്രഥമം ശ്രീരിഹോതിത എന്തിന് ആദ്യം ശ്രീ എന്ന് പറഞ്ഞു വിശേഷജ്ഞപ്തയെ അതായത് തത്വജ്ഞാനത്തിന് വേണ്ടി പരമാത്മ തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് ഈ പരമാത്മ തത്വജ്ഞാനത്തിന് വേണ്ടി സ്ത്രീയുടെ സഹായം കൂടി എന്നാണ് വൈഷ്ണവ വിശ്വാസം കാരണം ഇപ്പം നേരിട്ട് പിന്നെ എന്താണ് വിഷ്ണുവിനെ ഭക്തിയിലൂടെ പ്രാപിക്കാമെന്ന് വിചാരിക്കുന്നതിലും നല്ലത് അതുകൊണ്ടാണ് ഈ തെങ്കല വടകല സമ്പ്രദായത്തിൽ തന്നെ വ്യത്യാസമുള്ളത് തെങ്കല പിള്ളയിൽ ലോകാചാര്യനാണ് അവരുടെ എന്താണ് ഇതാണ് ഈ മാർജാര പദ്ധതി ഞാൻ മുൻപ് ദിവസം പറഞ്ഞല്ലോ പൂച്ചയെപ്പോലെ എല്ലാം സമർപ്പിച്ചൊക്കെയാണ് വേറെ ഒന്നും അധ്വാനമൊന്നും വേണ്ട മറ്റേ അദ്ദേഹത്തിൻ്റെ ആണോ ആരുടെ ദേശിക പക്ഷത്തുള്ള ഈ മർക്കട പദ്ധതി അവിടെ എന്ത് ചെയ്യണം മുറുകെ പിടിക്കണം ഇപ്പോൾ പക്ഷേ ഇത് പ്രപത്തിയുടെ കാര്യം വരുമ്പോൾ പ്രപത്തിക്ക് ഇദ്ദേഹം തന്നെ ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആയിരുന്നു ഈ ദേശീയ എന്നാലും ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ അതിൽ ഈ ഭക്തിയേക്കാൾ പ്രാധാന്യം വിഷ്ണുവിനാണ് അപ്പോൾ ഭക്തിയും മുക്തിയും ഇത് രണ്ടും ഇവിടെ നാരായണൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ് അതാണ് മുഖ്യം അപ്പോൾ അതിനുവേണ്ടി നേരിട്ട് നാരായണനെ സമീപിക്കുന്നതിലും നല്ലത് ആദ്യം ലക്ഷ്മിയെ സമീപിക്കുന്നതാണ് കാരണം ലക്ഷ്മി എന്ന് പറയുന്ന അമ്മയുടെ അപ്പോൾ അച്ഛനെ കൊണ്ട് എന്തെങ്കിലും സാധാരണ എന്താ നമ്മളൊക്കെ പണ്ട് ചെയ്തിട്ടുള്ളത് അമ്മയെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യും അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ശ്രീ അമ്മയുടെ വിശേഷത എന്ന് പറയുന്നത് വാത്സല്യമാണ് ഗുണം അപ്പോൾ എന്ന് വെച്ചാൽ അനുഗ്രഹം മാത്രമേ ഉള്ളൂ ഇവിടെ പ്രത്യേകിച്ചും ഈ സ്ത്രീയെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഖ്യാതാക്കൾ പറയുന്നത് സാറിന് ഈ ദേവന്മാർക്കും ദേവതകൾക്കും രണ്ട് സ്വഭാവമുണ്ട് നിഗ്രഹവും അനുഗ്രഹവും അപ്പോൾ വൈഷ്ണവന്മാർ പൊതുവെ അവർ ഈ നിഗ്രഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷേ പ്രമാണത്തിനുണ്ടെന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗീതയിലെന്താ പറഞ്ഞിരിക്കുന്നത് ആ പരിത്രാണായ സാധുവിന വിനാശയച്ച ദുഷ്കൃതം ബാക്കിയുള്ളവരെല്ലാം ഇടങ്ങളും വിനാശായ സമുച്ചയർത്ഥത്തിലാണ് ഇത് രണ്ടിന് തുല്യമായ എന്താണ് പ്രാധാന്യമാണ് കൊല്ലേണ്ടവനെയൊക്കെ കൊണ്ടു തള്ളിയും വേണം രക്ഷിക്കേണ്ടവനെയൊക്കെ രക്ഷിക്കുകയും വേണം പക്ഷേ ഇവിടെ പറയുന്ന എന്താണ് നിഗ്രഹം എന്ന് പറയുന്നത് വളരെ ഗോണമായി പറഞ്ഞാണ് അപ്പോൾ ശരിക്കും എന്താണ് ശ്രീമന് നാരായണൻ പോലും നിഗ്രഹമൊന്നും ചെയ്യുന്നില്ല നിഗ്രഹിക്കുന്നില്ല അപ്പോൾ പിന്നെ ലക്ഷ്മിയുടെ മാതൃസ്വഭാവിയായിട്ടുള്ള ലക്ഷ്മിയുടെ കാര്യം പറയാൻ ലക്ഷ്മിയെ സംബന്ധിച്ച് അനുഗ്രഹം മാത്രമേ ഉള്ളൂ നാരായണൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മുക്തി കൊടുക്കണോ വേണ്ടേ എന്നുള്ളതിന് നാരായണൻ ആദ്യം അവൻ്റെ കർമ്മങ്ങളെ പരിശോധിക്കും ഇവൻ്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് ആ കർമ്മങ്ങളൊക്കെ നോക്കിയിട്ട് അതൊക്കെ നോക്കി ശരിയാണെങ്കിലേ മുക്തി കൊടുക്കത്തുള്ളൂ പക്ഷേ ലക്ഷ്മി അങ്ങനെയല്ല ലക്ഷ്മി മുക്തി കൊടുക്കുകയല്ല ചെയ്യുന്നത് മുക്തിക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് നാരായണനോട് അപ്പോൾ അവൻ്റെ കർമ്മം ഒന്നും നോക്കത്തില്ല ആരാണോ ലക്ഷ്മി ആശ്രയിക്കുന്നത് കണ്ണടച്ചുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുക മുക്തി കൊടുക്കുക കാരണം എന്തുകൊണ്ട് അനുഗ്രഹിക സ്വഭാവം അനുഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരേ ഒരു സ്വഭാവമാണ് അതാണ് ഒരു ഒരു കാരണം വെച്ചാലും ലക്ഷ്മിയിൽ നിഗ്രഹമെന്ന് പറയുന്ന ഒരു പരിപാടിയേ ഇല്ല നിഗ്രഹിക്കത്തില്ല എന്തുകൊണ്ടതാണ് മാതൃഭാത്സല്യം എന്ന് പറയുന്നത് മാതാവിനൊരിക്കലും നിഗ്രഹിക്കാൻ അറിയത്തില്ല എന്തൊക്കെ പുത്രന്മാരെന്തൊക്കെ വേണ്ടാതെയും കാണിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ മോശം പ്രവൃത്തി ചെയ്താലും എന്താണ് അനുഗ്രഹിക്കത്തെയുള്ളൂ ഈ അടുത്ത കാലത്ത് ഒരു മകൻ ഈ നമ്മുടെ ഹരിപ്പാട് എവിടെയാണ് അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചാടിച്ച് നാശമാക്കി അമ്മ പോലീസിൽ നാട്ടുകാർ പോയി പരാതി പറഞ്ഞു അപ്പോൾ അമ്മയുടെ ഒരാഗ്രഹമുള്ളൂ അവൻ്റെ പേരിൽ കേസെടുക്കരുത് അവനൊന്നും ചെയ്യരുത് അമ്മയുടെ ഒരേ ഒരു ആഗ്രഹവും അവനെ കേസെടുക്കാൻ പോലീസ് വിട്ട് അവൻ തിരിച്ചു വന്ന അമ്മയെ കൊന്നു അപ്പോൾ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ട് വന്നാണ് അമ്മ നിഗ്രഹിക്കാൻ താരായില്ല അവനങ്ങനെ ചെയ്തത് ലഹരി കൊണ്ടാണ് മയക്കുമരുന്നിന് ഇതാണ് പത്രത്തിലെ വാർത്ത ഒന്നാണ് ഈ കഴിഞ്ഞ ദിവസം അതുപോലെ ഒരു കൊലപാതകം നടന്നു അതും കേരളത്തിൽ തന്നെ അതും മയക്കുമരുന്നിനടിമയായിട്ടാണ് അപ്പോൾ എന്ത് ചെയ്താലും എന്ത് ചെയ്യുന്നു അമ്മയ്ക്ക് ഒരിക്കലും നിഗ്രഹ സ്വഭാവം അനുഗ്രഹം മാത്രമേ ഉള്ളൂ വിശേഷിച്ച് ലക്ഷ്മിക്ക് അപ്പോൾ ചോദിക്കും മറ്റ് ദേവതകൾക്ക് തോണ്ടല്ല അതൊക്കെ പക്ഷേ ഇവിടെ ഈ എന്താണ് വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ സിദ്ധാന്തം ഞാൻ പറയുകയാണ് അതുകൊണ്ട് വിശേഷജ്ഞത്തയെ വിശേഷമായ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ആശ്രയിക്കണം ആദ്യം സ്ത്രീയിലൂടെ ശ്രീമന് നാരായണനെ ആശ്രയിക്കുക എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് ഒരു വളരെ നല്ല ആശയമാണ് ഭർത്തോ വിശേഷജ്ഞപ്തയെ അതിനോട് അന്വയിക്കണം ആരെന്നുള്ളത് ഇതാണ് അതുപോലെ തന്നെ അഭികമ്യത്വ ശ്രദ്ധ അഭികമ്യത്വം പ്രാപ്തി എന്ന് വെച്ചാൽ മുക്തി ആദ്യം പറഞ്ഞ് ജ്ഞാനത്തിന് വേണ്ടി എന്നെ പറയുന്നത് മുക്തിക്ക് വേണ്ടിയും എന്താണ് ആരെ ആദ്യം ലക്ഷ്മിയെ തന്നെ ആശ്രയിക്കണം ഈ വൈഷ്ണവ സമ്പ്രദായത്തിൽ തന്നെ രണ്ടു മൂന്ന് പിരിവുകളുണ്ട് അത് ഈ വ്യാഖ്യാനത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് ചിലർ ചോദിക്കുന്ന ലക്ഷ്മിക്ക് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ സിനിമ നാരായണൻ്റെ മുഖ്യം നാരായണന് പരമമായ പ്രാധാന്യം കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ അത് വേണമെന്ന് പറയുന്ന വർഷക്കാരുമുണ്ട് അത് വേണ്ട ലക്ഷ്മിക്ക് എന്നെ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്ന രണ്ട് പക്ഷമാണ് എന്തായാലും ഇവിടെ പറയുന്ന എന്താണ് അറിവിന് വേണ്ടിയായാലും ശരി അഭികമ്യത്വം എന്ന് പറയുമ്പോൾ ഭക്തിയിലൂടെ ശ്രീമന്ത് നാരായണനെ പ്രാപിക്കുന്നതിനും നാരായണ പ്രാപിക്കുക എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ സാധനം ധരിച്ചിരിക്കുന്ന പോലെയല്ല അത് ഇതിൻ്റെ വിശദീകരണത്തിൽ വരുന്നുണ്ട് പറയും അവിടെ ആ ലോകത്തെത്തിച്ചേരുകയാണ് അതാണ് അഭികമ്യത്വം എന്ന് പറയുന്നത് പറഞ്ഞ അതുകൊണ്ടെന്നാണ് വെച്ചാൽ അവിടെ എത്തി ആ ലോകത്തെത്തിച്ചേരുക തുല്യമായ ഭോഗ്യങ്ങളെല്ലാം അനുഭവിക്കുക അതിനപ്പുറം ഒന്നും സംഭവിക്കയില്ല നമ്മൾ സാറിന പറഞ്ഞു വരുന്ന കാര്യങ്ങളൊന്നും അവിടെ ഇല്ല അതിനി അടുത്ത് അനന്തശബ്ദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ പറയും അപ്പോൾ അഭികമ്യത്വം അതിനുവേണ്ടി കേൾക്കുന്നില്ല ആ ഭോഗ്യത്വ പ്രസിദ്ധി എന്ന് വെച്ചാൽ അവിടെ ഒരു ചോദ്യം വരുന്നത് ഇപ്പോൾ പിന്നെ പറയേണ്ടത് ഞാൻ ഇപ്പോഴേ ചോദ്യം വന്നുകൊണ്ട് പറയാം അത് തന്നെ അതാ ഞാൻ പറയാൻ പോകുന്നു ആ കാര്യം തന്നെ അതായത് ഇവിടെ അവസാനമായി പറയുന്ന സായുജ്യം അല്ലേ അപ്പോൾ സയുജ ഭാവം സായുജ്യം അപ്പോൾ അവിടെ എന്താണ് ഈ സാഹിത്യം എന്ന് പറയുന്നത് സാധാരണ പറഞ്ഞു വരുന്നത് ഇവിടെ വൈഷ്ണവന്മാർ ശക്തമായി എതിർക്കുന്നത് സാധാരണ പറഞ്ഞു വരുന്നത് എന്താണ് അവിടെ ചെന്ന് വിഷ്ണുപാതത്തിൽ വിലയിക്കുക ഇതൊന്നും വൈഷ്ണവ സമ്പ്രദായം അംഗീകരിക്കുന്ന കാര്യമേ അല്ല അങ്ങനെ വിലയിക്കാനെന്ന് പറയുന്നത് വിലയിക്കാന്ന് വെച്ചാൽ മനുഷ്യനെ പിന്നെ പാലിൽ പഞ്ചസാരയൊക്കെ തിലകി കുളിച്ച് അങ്ങനൊരു ഒരു ബോധം വന്നാണ് വിലയിച്ചു പോകുന്നു അത് അദ്വൈതികളും സംഭവിക്ക സമ്മതിക്കുന്ന കാര്യമില്ല വൈഷ്ണവിന് സംഭവ അംഗീകരിക്കുന്ന എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഇല്ല അപ്പോൾ അവിടെ പിന്നെ സാഹിത്യെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവിടെ ചെല്ലുക അവിടെ ചെന്നിട്ട് ഈ ശ്രീമന് നാരായണൻ എന്ത് ആനന്ദമാണോ അനുഭവിക്കുന്നത് ശ്രീമന്ത്ാരായണൻ എന്ത് ജ്ഞാനമാണോ ഉള്ളത് തുല്യമായ ജ്ഞാനവും ആനന്ദവും അനുഭവിച്ച് അവിടെ കഴിയുക പിന്നെ ഒരു ഡ്യൂട്ടി കൂടിയുണ്ട് എന്താണ് കൈങ്കര്യം കിങ്കരഭാവം സേവ ശ്രീമന് നാരായണ സേവ അവിടെ എന്താ സേവ ചെയ്യുന്നത് സേവ ചെയ്യുന്ന ഈ സ്തോത്രങ്ങളും കീർത്തനങ്ങളും ഒക്കെ ഇങ്ങനെ ആരംഭിച്ചു ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാലം നാരായണൻ്റെ അധീനത്തിലായതുകൊണ്ട് ഇതുപോലെ ഞാനിപ്പോൾ ഓരോ മണിക്കൂർ സംസാരിച്ച് ക്ഷീണിച്ചവും അങ്ങനെയുള്ള ക്ഷീണമൊന്നും അവിടെ സംഭവിക്കുകയില്ല രാവും പകലും ഉറക്കമൊന്നുമില്ല എല്ലാവരും കൈകര്യത്തിലാണ് അപ്പോൾ ഒരു കാരണവശാലും ഈ എന്താണ് വിഷ്ണുപാതത്തെ ലയിക്കുക എന്ന് പറയുന്നത് അത് അർത്ഥവാദമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല പിന്നെ എന്താണ് ഭോഗസാമ്യം ഇതാണോ ചോദിച്ചത് ഈ ഭോഗസാമ്യം മാത്രമേ സംഭവിക്കത്തുള്ളൂ അതാണ് സായുജ്യം എന്ന് പറയുന്നത് അതിന് ഇദ്ദേഹം ദേശിക്കെങ്കിൽ വളരെ ഖണ്ഡനം മണ്ഡലങ്ങളിലൂടെ പറയും എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിലും അദ്ദേഹം സമാനം പറയുന്നത് ഇത് രണ്ട് തത്വമാണ് ശ്രീമന്ത് നാരായണൻ എന്ന് പറയുന്ന വിഭുവാണ് അനന്ത കല്യാണ ഗുണങ്ങളോട് കൂടിയവനാണ് ഇവിടുന്ന് പോകുന്നയാളാണെങ്കിലും അണുവാണ് സങ്കോച വികാസ രൂപത്തിലുള്ള ജ്ഞാനധർമ്മത്തോടുകൂടിയതാണ് പരസ്പര വിരുദ്ധ സ്വഭാവമായിരിക്കുന്ന രണ്ടെണ്ണത്തിന് ഒരിക്കലും ലയിച്ച് താതാത്മ്യപ്പെടാൻ പറ്റത്തില്ല നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് അദ്വൈനികൾ പറയുന്ന ആ താതാത്മ്യത്തെ ചോദ്യം ചെയ്യുന്നു താതാത്മ്യം എന്തായാലും സംഭവിക്കുക അപ്പോൾ ഒരു തരത്തിലും താതാത്മ്യത്തെ അംഗീകരിക്കുന്നില്ല അപ്പോൾ അദ്വൈനികൾ എന്താണ് പറയുന്നത് പ്രപഞ്ചത്തിന് ബ്രഹ്മമായിട്ട് അനുവചനീയ താതാത്മ്യൊക്കെയാണ് പറയുന്നത് കാരണം പ്രപഞ്ചം മിഥ്യയാണ് ജഗത്ത് സത്യമാണ് സോറി പ്രപഞ്ചം മിഥ്യയാണ് ബ്രഹ്മ സത്യമാണ് അപ്പോൾ മിഥ്യയായ ഈ പ്രപഞ്ചം ബ്രഹ്മത്തിനോട് എന്ത് സംബന്ധത്തിയിരിക്കുന്നു അത് അനർവചനീയ താതാത്മ്യമാണ് പ്രപഞ്ച മിഥ്യയാണ് ഇതിനെല്ലാം സമാധാനം പറയുന്നത് ആണ് വിരുദ്ധ സ്വഭാവമുള്ള വസ്തുക്കൾ അത് പ്രപഞ്ചമായാലും പിന്നെ എന്താണ് ജീവനായാലും ഈശ്വരനായാലും ശരി ഇത് മൂന്നും തമ്മിൽ ഒരു കാരണവശാലും താതാത്മ്യം സംഭവിക്കത്തില്ല ഒന്നാകാൻ പറ്റത്തില്ല കാരണം ഇതിന് വിരുദ്ധ സ്വഭാവമുണ്ട് ഈ ജഡത്തിൻ്റെ സ്വഭാവമാണ് ചൈതന്യത്തിൽ ഒരിക്കലും അല്ലല്ലോ അപ്പം പിന്നെ ഇതങ്ങനെ ഒന്നാണ് അതുകൊണ്ട് താതാത്മ്യം സംഭവിച്ചാലേ ലയ സംഭവിക്കത്തുള്ളൂ അതുകൊണ്ട് അത് സംഭവിക്കത്തില്ല മറിച്ച് അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ നിത്യ മുക്തന്മാരായി അവിടെ കഴിയാതെ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് ആ ഭോഗസാമ്യത്തെക്കുറിച്ച് അത് ആനന്ദ അനുഭവത്തിൽ യാതൊരു കുറവുമില്ല പക്ഷേ അതെല്ലാം അവിടെ ലഭിക്കുന്ന എങ്ങനെ അതെല്ലാം ലഭിക്കുന്നത് വിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ആ അനുഗ്രഹം എങ്ങനെ ശ്രദ്ധിക്കും ലക്ഷ്മിയുടെ ശുപാർശ ഇത് വേണം അതുകൊണ്ട് ആദ്യം ലക്ഷ്മി പിന്നെ ശ്രീമന് നാരായൺ ആദ്യം മാതാവ് പിന്നെ പിതാവ് ആ അത് പ്രത്യേകം പറയുന്നുണ്ട് ലക്ഷ്മി റെക്കമെൻഡ് ചെയ്തോ പിന്നെവൻ പുണ്യമാനാണോ ഭാവിയാണോ ഇവൻ ഇവൻ്റെ കർമ്മം എന്താണ് യാതെന്ന് നോക്കത്തില്ല അങ്ങനെയാണ് പിന്നെ വേറെ ഒന്നും കാരണം എന്താണ് ലക്ഷ്മി എന്ന് പറയുന്നത് നാരായണ അത്രയും പ്രിയപ്പെട്ടവളാണ് അതുകൊണ്ട് ലക്ഷ്മി പറഞ്ഞാൽ കേൾക്കും അതുകൊണ്ട് പിന്നെ അവിടെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല അതുകൊണ്ട് എന്താണ് നേരെ നാരായണ അല്ല പോയി സമീപിക്കേണ്ടവരെ ലക്ഷ്മിയാണ് സമീപിക്കേണ്ടത് അതുകൊണ്ട് ലക്ഷ്മിക്ക് ഇവിടെ വലിയ പ്രാധാന്യമാണ് ഇവിടെ വ്യാഖാനത്തിൽ പറയും എന്താണ് അർത്ഥോ വിഷ്ണുരിയം മാണി വിഷ്ണു പുരാണത്തിൽ വിഷ്ണു പുരാണത്തിൽ പരാശുരൻ മൈത്രേനോട് ഉപദേശിക്കുന്നുണ്ട് കുറേ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ പറയും ഈ വിഷ്ണുവും വാണിയും തമ്മിൽ എന്താ ബന്ധം പറയുന്നു വിഷ്ണു അർത്ഥം വിഷ്ണു അർത്ഥമാണെങ്കിൽ ഇയം മാണി ലക്ഷ്മി ശബ്ദമാണ് വാഗർത്താവ് എന്ന് പറഞ്ഞ പോലെ വാഗർത്താവ സമൃദ്ധം എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ പറയും എന്താണ് വിഷ്ണു ചന്ദ്രനാണെങ്കിൽ ലക്ഷ്മി ചന്ദ്രികയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വന്ന് അവസാനം പറയും പും നാമ ശബ്ദങ്ങൾ പുരുഷനെ കുറിക്കുന്ന അതെല്ലാം പുരുഷോത്തമനാണ് സ്ത്രീയെ കുറിക്കുന്ന ഏതെല്ലാം ശബ്ദങ്ങളുണ്ടോ അതെല്ലാം ലക്ഷ്മിയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണ് ആകെ പുരുഷനായി ഒരാളെയുള്ളൂ വിഷ്ണുവേ ഉള്ളൂ പുരുഷനായിട്ട് ഒരാളെയുള്ളൂ പുരുഷോത്തമനായ നാരായണൻ മാത്രമേ പുരുഷനായിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ ജീവന്മാർ സ്ത്രീകളാണ് എല്ലാ സ്ത്രീകളുടെയും ഭർത്താവാണ് ജീവന്മാരുടെ ആ സ്ത്രീകളായി ആ എല്ലാ ജീവന്മാരുടെയും ഭർത്താവാണെന്താ നാരായണൻ എന്ന് വരെ പറയും അപ്പോൾ വേറെ ഓരോ ജീവന്മാരെയും ഇവിടെ പുരുഷനായി സ്വീകരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ വൃന്ദാവനത്തിൽ പോയാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ ആൾക്കാർ എല്ലാവരും വിളിക്കും രാധേ രാധെ ഫോട്ടോറിക്ഷയിൽ ചെന്ന് ചോദിച്ച് എവിടെയെങ്കിലും സ്ഥലം ചോദിക്കുമ്പോൾ ആൾ നമ്മളോട് ചോദിക്കും ധ എവിടെ പോകണമെന്ന് ചോദിക്കും ഞാൻ ആദ്യം കേട്ടപ്പോൾ അമ്പര എന്നെയാണ് വിളിച്ചത് മുടി യൂയാണ് രാധയ്ക്ക് എവിടെ പോകണം ഞാൻ ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടിയില്ല ഞാനിങ്ങനെ രാധയായി അവരെ സംബന്ധിച്ചെന്താണ് കൃഷ്ണൻ ഒരാളേ ഉള്ളൂ പുരുഷനായിട്ട് ബാക്കി പശുവും പശു വഴിയിൽ നിന്നു കഴിഞ്ഞാലും സൈക്കിൾ റിക്ഷ ചവിട്ടുന്നതും പറയണേ രാധയെ രാധയെ മാറി എന്ന് ആദ്യം കേട്ടത് കൊണ്ട് ഇപ്പോൾ രാധയെന്ന് വിളിക്കുന്ന എന്തുകൊണ്ട് മുഴുവൻ ജീവി വർഗവും എന്താണ് അവിടെ രാധയാണ് അത് ഇങ്ങനെ മാറി മാറി വന്നു അതായത് ഈ പറയുന്ന ഈ ഹരിയും അതായത് വിഷ്ണുവും ലക്ഷ്മിയും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് രാമാനന്ദൻ്റെ പരമ്പരയിൽപ്പെട്ടയാളാണ് ഹരിയാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് രാഘവാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് രാമാനന്ദാചാര്യ രാമാനന്ദ ആചാര്യൻ കാശിക്കടത്ത് ഉണ്ടായിരുന്ന ഒരാൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് എന്താക്കി മാറ്റി കാരണം അവിടെ പ്രാധാന്യം അതിനെ രാമന് സീതിയാക്കി മാറ്റി അങ്ങനെയാണ് വടക്കേ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ രാമന് ഇത്രയും വലിയ പ്രാധാന്യം വരാൻ കാരണം രാമാനന്ദ ആചാര്യനാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്യാസ സമ്പ്രദായം ഏറ്റവും വലിയ സന്യാസ സമ്പ്രദായം എന്ന് ആയിരക്കണക്കിന് സന്യാസിമാരുള്ള സന്യാസ സമ്പ്രദായം രാമാനന്ദ സമ്പ്രദായമാണ് ഇവർ മുഴുവൻ രാമനെയും സീനിയും ആരാധിക്കുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തെല്ലാം നമ്മൾ ഈ വിഷ്ണുവിനും അല്ലെങ്കിൽ നാരായണനും ലക്ഷ്മിക്കും നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം അവർക്ക് രാമനും സീതയ്ക്കും ഇതെല്ലാം ഉണ്ട് അവിടെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന എല്ലാ ഇടപാടുകളും അവർക്കും ഉണ്ട് പക്ഷേ ഇവിടെ നാരായണ എന്ന് പറയുന്നതിന് പകരം അവർക്ക് വിഷ്ണു ഗായത്രിക്ക് പോരാൻ ഗാ രാമായത്രിയാണ് എല്ലാം രാമമയമാണ് ആ പരമ്പരയിൽ വന്നയാളാണ് തുളസീദാസ് അപ്പോൾ ഈ വടക്കേന്ത്യക്ക് കാര്ക്ക് അറിയാവുന്ന രാമൻ എന്ന് പറയുന്നത് തുളസീദാസൻ്റെതാണ് കാരണം എന്തുകൊണ്ട് അവരുടെ ഭാഷയിൽ എല്ലിയാണ് അതുകൊണ്ട് എന്ത് ചെയ്തു അവരുടെ മനസ്സിരിക്കുന്ന രാമൻ തുളസീദാസൻ്റെ സർവകല്യാണ ഗുണഗണങ്ങളോട് കൂടിയ രാമനാണ് ആത്മീയങ്ങളിലെ രാമനല്ല അതിനെക്കുറിച്ച് അവർക്കറിയത്തില്ല ഇപ്പോഴൊക്കെയാണ് അറിഞ്ഞു വരുന്നത് അത് അവിടുത്തെ സാധാരണ എന്താണ് അവിടുത്തെ പക്ഷി പറഞ്ഞ അൻപഡ് ആത്മീയ മനുഷ്യരുടെ മനസ്സിൽ കയറിപ്പറ്റിയാണ് രാമനും സീതയും അതുകൊണ്ടാണ് അവിടെ ഈ രാമന് സീതയ്ക്ക് ഇത്രയും വലിയ പ്രചാരം വരുന്നതും അയോധ്യയ്ക്ക് ഇത്ര പ്രാ പ്രാധാന്യം വരുന്നതും അതുകൊണ്ടാണ് ഇവിടെയുള്ള ഒരു ദേവന്മാർക്കും ഇല്ലാത്ത ഭാഗ്യം എന്താണ് ആ അതായത് സുബ്രഹ്മണ്യമുണ്ട് ഗണപതി ഉണ്ട് ആർക്കെങ്കിലും വേണോ വേണ്ട രാമനാണ് എല്ലാ പൊളിറ്റീഷ്യന്മാർക്കും വേണ്ടത് പൊളിറ്റിക്സിൽ കയറിപ്പറ്റാൻ പറ്റിയ ഭാഗ്യം രാമനെ ഉണ്ടായിരുന്നു അതിന് കാരണം ആരാണ് ഈ രാമാനന്ദ ഇതിയ അവിടെ സന്യാസിമാരും എന്താണ് വളരെ വൈരാഗ്യങ്ങളാണെന്നാണ് അവരറിയപ്പെടുന്നതിന് അതിൽ തന്നെ പല പന്തുകളുണ്ട് കബീർ പന്ത് മറ്റത് മറിച്ചത് ഒരുപാട് പന്തുകളും ഒരുപാട് ഇരുമൊക്കെ അപ്പോൾ അത് ഇവിടെ നിന്ന് പോയതാണ് പങ്കദേശത്തേക്ക് പോയപ്പോൾ അതാരായി രാധയും കൃഷ്ണനുമായി ബംഗാളിൽ പോയ പിന്നെ അവിടെ ഒരു പരമ്പര ഉണ്ടായി അങ്ങനെ വന്നു പിന്നെ അതിനെ തന്നെ എന്ത് ചെയ്തു ഒന്നുകൂടി പരിഷ്കരിച്ച് യൂറോപ്പിൽ കൊണ്ടുപോയപ്പോൾ അതുണ്ടായി ഇസ്കോണായി കൃഷ്ണ കോൺഷ്യസ്നസ് എന്നൊക്കെ പറഞ്ഞ് പുതിയൊരു രൂപവും ഭാവും ഇതൊക്കെ ഒന്ന് ഇവിടുന്ന് പോയതാണ് എല്ലാ രാമാനുജാചാര്യരുടെ കയ്യിൽ നിന്ന് പോയതാണ് അതിങ്ങനെ കാലവും ആൾക്കാരുടെയൊക്കെ കയ്യിൽ മാറി മാറി മാറി മാറി അതിന് പ്രചാരം പോളിറ്റിക്സിൽ ഇപ്പോൾ ഇവിടെ പറയുന്ന എന്താണ് വിശേഷ ജപ്തയെ ഭർത്തുഹു അഭിഗമ്യത്വ സിദ്ധയെ സമസ്ത മംഗളാപ്തീജ ലക്ഷ്മി എന്ന് പറയുന്നത് അശ്രീ എന്ന് പറയുന്ന ശബ്ദം തൻ ഇവിടെ കേവലം ശബ്ദമില്ല ഇവിടെ പറഞ്ഞല്ലോ അർത്ഥോ വിഷ്ണുരിയം മാണി അർത്ഥസഹിതമായ ശബ്ദങ്ങളേ ഉള്ളൂ അപ്പോ ശബ്ദസമാനാധികരണ്യം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രബലമായ വാദമാണ് ആരുടെ ദേശീയ ആചാര്യ അത് ഇനി വരുന്ന ഭാഗത്ത് വിശദീകരിക്കും അപ്പോ അതിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പോ ആ ശബ്ദശ്രീ എന്ന് പറയുന്നത് എന്താണ് സർവമംഗളപ്രാപ്തിക്കും ഉപകരിക്കുന്നതാണ് അതുകൊണ്ടാണ് ആദ്യം എല്ലായിടത്തും ശ്രീഹിക്കുന്നത് സമസ്ത മംഗളാപ്തീച്ച ഇപ്പം സാധാരണ നമ്മൾ ഓം എന്നാണല്ലോ സാധാരണ പറയുന്നു ഓമി ഇത് എന്നാണല്ലോ വീതിയിലും പറഞ്ഞിരിക്കുന്നു അത് ആഹൃത്തിയാണ് പക്ഷേ നിങ്ങളുടെ ഗീതാപ്രസിൻ്റെ ഏത് ബസ്സും എടുത്ത് വായിച്ചു എല്ലാത്തിനും തുടങ്ങുന്ന എങ്ങനെയായിരിക്കും ശ്രീഹി എന്നാണ് തുടങ്ങുന്നത് ഓം എന്നല്ല ഓം പിന്നെ വരുത്തും എന്തുകൊണ്ടത് അതും ഈ വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ സ്വാധീനമാണ് രാമാനന്ദ സ്വാധീനമാണ് അതുകൊണ്ടാണ് എല്ലായിടത്തും ശ്രീ വരുന്നത് ഓമിന് സമസ്ത മംഗളാത്തീജ പ്രഥമം ശ്രീ ശ്രീരിഹോതിത ഓലാണ് ആദ്യ ഇവിടെ ശ്രീ എന്ന് പറഞ്ഞത് എന്ന് ആര് പറയുന്നു ദേശികാചാര്യം പറയും ഏഷ നാരായണ ശ്രീമാൻ ക്ഷീരാർണവ നികേതനാഗപരീങ്ക മുസൃജ്യ യാഗതവും മധുരാമ്പുരിയും എന്ന് പറഞ്ഞിരിക്കുന്നു ഈ ശ്രീമാൻ ശ്രീ ഇവിടെ ഭൂമനന്ദാ പ്രശംസാസു പഠിച്ചിട്ടുള്ളതാണ് ഓർമ്മയേണ്ട വ്യാകരണം പഠിച്ചത് നിത്യയോഗേ അഭിസ അതിശായനെ സംബന്ധ അസ്ഥിവിവക്ഷായാം മധു മധുബാധേയഹ ക്ഷീരനന്ദ ഭൂമനന്ദാ പ്രശംസാസു നിത്യോഗ അതിശായനെ സംബന്ധെ അസ്ഥിവിവക്ഷായ ഭവന്തി മതപാദേഹ ഇവിടെ ശ്രീ എന്ന് പറയുന്നതിന് വ്യാഖ്യാനിക്കും ഇദ്ദേഹവും ആചാര്യൻ പറയുന്നത് ദേശീയ ശ്രീമാൻ ശ്രീയും ശ്രീമാൻ മതപ്രത്യമാണ് ശ്രീയും നാരായണനുമായിട്ടുള്ള സംബന്ധിച്ച് നിത്യ സംബന്ധമാണ് ശ്രീയെ വെട്ടിട്ട് നാരായണനെ കുറിച്ച് സങ്കൽപ്പിക്കാനോ ധ്യാനിക്കാനോ ചിന്തിക്കാനോ ഒന്നും ഇവിടെ നിത്യസംബന്ധമാണ് അത്ഭർത്ഥമാണെങ്കിലും വേറെ പല അർത്ഥമുണ്ട് പക്ഷേ ഇവിടെ നിത്യസംബന്ധമാണ് അതാണ് നാരായണ ശ്രീമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ത്രീ ഇല്ലാത്ത ഒരു നാരായണനില്ല ഇതിന് ബദലായിട്ടാണ് പറയുന്നത് ശക്തിയില്ലാതെ ശിവനില്ല എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു ബദൽ സംവിധാനം അപ്പോൾ ഇത് വരുന്നത് മുഴുവൻ പഞ്ചരാത്ര ആഗമത്തിൻ്റെ വഴിയെ വരുന്നതാണ് അത് വിഷ്ണു നേരിട്ട് തന്നെ ഉപദേശിച്ചതെന്നാണ് വിശ്വാസം പരമ്പരയിലെ വിശ്വാസം പഞ്ചരാത്രം വിഷ്ണു നേരിട്ട് പറഞ്ഞു തന്നാണ് അപ്പോൾ ഈ വൈഷ്ണവ സമ്പ്രദായത്തിൽ പ്രധാനമായിട്ടുള്ള രണ്ട് ഗ്രന്ഥങ്ങളാണ് ഒന്ന് പ്രാചീനം ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് എന്നാണ് ഈ പഞ്ചരാത്രവും മറ്റൊന്ന് വൈഖാനസം അതിൽ ഈ ചടങ്ങുകളും മന്ത്രതന്ത്രങ്ങളും പൂജാവിധികളും മറ്റ് കാര്യങ്ങളുമൊക്കെ വൈഖാനസ തന്ത്രത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത് തന്ത്രം ബാക്കി ഇതിൻ്റെ തത്വങ്ങളെല്ലാം നടക്കുന്നത് പഞ്ചരാത്രത്തിലാണ് ഭാഷികാരം പോലെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പഞ്ചരാത്രത്തെ ഇത്രയും പ്രാചീനമാണ് അപ്പോ അതിനെ തുടർന്ന് വരുന്നതാണ് ഈ ആശയങ്ങളെല്ലാം അത് ഇപ്പോ പൊതുവെ ആഗമങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് പറയും അത് വേദത്തിനും മുമ്പുള്ളതാണെന്ന് പറയും വേദത്തിനുമുമ്പ് വരാനൊന്നും വഴിയില്ല വേദത്തിന് ശേഷം ഉള്ളതാണ് അത് വേദവുമായിട്ട് സംബന്ധം സ്വാഭാവികമായിട്ട് ഉണ്ടാവണമല്ലോ വേദവുമായിട്ടൊരു സംബന്ധം കാണും പക്ഷേ അത് സ്വതന്ത്രമാണ് വേദങ്ങളെ പോലെ തന്നെ ഈ ശൈവ വൈഷ്ണവാഗമങ്ങൾക്കും അതാത് സമ്പ്രദായക്കാർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് വേദാഗമങ്ങളെന്ന് പറയുന്നത് എന്നാൽ വേദശബ്ദത്തിൻ്റെ പര്യായമാണ് ആഗമ ശബ്ദം അങ്ങനെയും പറയും വേദം ആഗമം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിനും പറയും പഞ്ചരാത്രം ആഗമമാണ് ചിലടത്ത് പാഞ്ചരാത്രം എന്നും പറയുന്നു അപ്പോ ആ നിത്യസംബന്ധം ഞാൻ പറഞ്ഞത് ഈ ആശയങ്ങൾ എവിടുന്ന് വരുന്നു എന്നുള്ളതിന് വേണ്ടി പറഞ്ഞാണ് ക്ഷീരാർണവത്തിൽ എന്താണ് ക്ഷീരാർണവത്തെ വാസസ്ഥാനമാക്കിയിരുന്ന ആ നാരായണൻ നാഗപര്യങ്കം ഉത്സൃജ്യ തൻ്റെ എന്താണ് ആ നാഗക്കിടക്ക് ഉപേക്ഷിച്ചിട്ട് ആഗതഹ മധുരാമ്പുരിയും മധുരാപുരിയിലേക്ക് വന്നു എന്നിവിടെ സൂചിപ്പിക്കുന്നത് അവതാരത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണ അവതാരത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുക അപ്പോ ഇവിടെ അശ്രീഹപ്പതി എന്നൊക്കെ പറയുമ്പോ ഈ ആശയങ്ങളൊക്കെ ഇത്യാധികം യുവഭവ്യം ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അശ്രീയപതി ഓ ശ്രീപതിയിൽ തന്നെ ഇന്നത്തെ